നിനക്ക് നൽകപ്പെടുന്ന വെളിപാടുകളിൽ ചിലത് നീ ഉപേക്ഷിക്കാനും അദ്ദേഹത്തിന് എന്തുകൊണ്ടൊരു നിധി ഇറക്കപ്പെട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരു മലക്കു വന്നില്ല എന്ന് അവർ പറയുന്നതിൽ നിന്റെ മനസ്സ് പ്രയാസപ്പെടാനും സാധ്യതയുണ്ട് നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു അള്ളാഹു സുബഹാനഹൂവത്ത ആല എല്ലാ കാര്യങ്ങൾക്കും ഏൽപ്പിക്കപ്പെട്ടവനാകുന്നു